പഠനം നടത്തിയിട്ട് കിട്ടിയ റിസൾട്ടിനെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഇനി ഇതിവിടുന്ന് നമ്മൾ പറയുന്നതല്ല കോടിക്കണക്കിന് പേപ്പർ അടുക്കി വെച്ചിട്ടുള്ളത് ആ പഠനത്തിന്റെ ഭാഗമായിരുന്ന സർ മക്ബൈ ബർണ എന്ന നോബൽ ജേതാവായ ശാസ്ത്രകാരന്റെ അഭിപ്രായമാണ് ഇതൊന്നും വായിക്കാതെ പഠിക്കാതെ എവിടെയെങ്കിലും ഒരു ചെറിയ മുഴ കണ്ടാൽ അതവിടെ ഇരുന്നിരുന്നെങ്കിൽ കുറെ കാലം കൂടെ കൂടി സുഖമായിട്ട് അപകടം ഇല്ലാതെ ജീവിക്കുമെന്ന് തിരിച്ചറിയാതെ ഇതെല്ലാം പോയി കുത്തി നാനാവിധമാക്കി കിളച്ച് മറിച്ച് വേഗം ചത്ത് പിള്ളേർക്ക് ജീവിക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് ഒഴിഞ്ഞു പോരുന്ന കഷ്ടനഷ്ടങ്ങളുടെ ഒരു കാലഘട്ടം കൂടെ അഭിപ്രായം ശരീരം മുഴുവൻ തപ്പിയും മറ്റുള്ളവരെ കൊണ്ട് തപ്പിച്ച് എവിടെയൊക്കെയാണ് പഴയ കാലത്തൊക്കെ ഊത്ത കയറുമ്പോ പാടത്ത് തപ്പാൻ പോകുന്നവനേക്കാൾ കഷ്ടമായിട്ട് പിടിക്കാനൊന്നും പോയിട്ടില്ല ഞാൻ മാത്രം ഇതൊക്കെ ചെയ്തിട്ടുള്ള ഏ ഇപ്പൊ പുതുമഴ പെയ്യുമ്പോ ആ ഊത്ത പിടിക്കാൻ പോകും അപ്പൊ പൊത്തി ഒക്കെ ചെയ്യും ചിലപ്പോ പുളവനെയും കിട്ടും എന്ന് പറഞ്ഞ പോലെ അവനൊന്നും തപ്പി കണ്ടെത്തിയില്ലെങ്കിൽ അന്യരെ കൊണ്ട് തപ്പിച്ചു പുളവനെങ്കിലും കണ്ടെത്തി സ്വന്തം കുടുംബവും ജീവിതവും തറതോണ്ടി രസിക്കുന്ന ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അന്തസാരവിഹീനരായ ജനതയെ കാണുമ്പോൾ കൂടുതലായി പോയത് ഒരു അർബുദ രോഗിയുടെ അനുഭവങ്ങളെ ഗർഭുദ രോഗിയുടെ അനുഭവങ്ങളെ സർവജ്ഞനെന്ന് കരുതുന്ന വിഷക്കുരൻ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരുടെ അറിവില്ലായ്മയ്ക്കാണ് കച്ചവട ലോകത്ത് വൻ പ്രാധാന്യമെന്നുള്ളതാണ് ഇതിലെ രഹസ്യം രോഗിയുടെ അറിവില്ലായ്മയല്ല വേദനയും അയച്ചെന്നാൽ അവന്റെ ആ വേദനയെ കണ്ടെത്തുന്നതിന് നടത്തിയ സ്കാനിങ്ങിലോ എക്സ്റേയിലോ വേറെ എവിടെയെങ്കിലും കണ്ടുവരും മുഴ ഈ വേദന ഈ വേദനയ്ക്ക് കാരണം മറ്റെന്തെങ്കിലും ആകാം അത് കൊടുത്ത് സമാധാനിപ്പിച്ചു വിട്ടാൽ ഒരുപക്ഷെ ആ മുഴയും വെച്ചോണ്ട് അവൻ ജീവിക്കും അതിന് പകരം ശരീരം മുഴുവൻ പരതി എവിടെയോ ഒരു കാരണം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അതിന് ചികിത്സിച്ച് മുമ്പ് നടന്നുപോയവൻ തിരിച്ചെടുത്തുകൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവന്റെ വേദനകളോ യാതനകളോ അവൻ അനുഭവിക്കുന്ന രോഗത്തെ സ്ഥൂലമായ അവൻ്റെ അനുഭവങ്ങളോ അംഗീകരിക്കാതെ അതിസൂക്ഷ്മമായി അവന്റെ ശരീരാന്തർഭാഗങ്ങളിൽ പരധിയും ഉപകരണങ്ങൾ ഉപയോഗിച്ചും നോക്കി ഒരു പ്രാവശ്യം ഉപകരണങ്ങളിലൂടെ നോക്കിയിട്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കണ്ടെത്തും വരെ നോക്കി എനിക്ക് പറഞ്ഞു നോക്കേ സ്കാനെടുത്തു എം ആർ ഐയിൽ ഒന്നുമില്ല ആദ്യം ശബ്ദമനെടുത്തു വയറ്റിനകത്തൊന്നുമില്ല അവനും സമാനില്ല ഞാൻ ഇത്രയൊന്നും അല്ല ചെയ്തു വെച്ചിരിക്കുന്ന ഡോക്ടറെ അതിനകത്ത് അരകല്ലും പിള്ള ഉണ്ടാകാത്ത തോതിലുള്ള പാപമാണ് ഞാൻ എൻ്റെ അമ്മയോട് എഴുതിയിരിക്കുന്നത് എൻ്റെ അച്ഛനോട് എഴുതിയിരിക്കുന്ന ഭർത്താവിന് ഡോക്ടർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ ഞാൻ കാണിച്ചു വെച്ച പാവം എത്രയാണ് ഉണ്ടാവും ഡോക്ടറെ ഒന്നോടൊന്ന് തപ്പി നോക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് ചെല്ലുന്നത് മഹാഭാവികൾ സ്വന്തം പാപത്തിന്റെ വലിപ്പാവനല്ലേ അറിയുന്നത് ഡോക്ടറെ നിങ്ങൾ നോക്കിയാലൊന്നും കാണുക അത്ര വേദനയാണ് എനിക്കുള്ളത് നിങ്ങൾ നോക്കിയാൽ കാണുക അത്ര പാപിയാ ഞാൻ അധികം മര്യാദക്കാരനായ ഒരു എം ബി ബി എസ് കാര് അറുപതോ എഴുപതോ വയസ്സുള്ളവർ നോക്കിട്ട് പറഞ്ഞു കുഞ്ഞെ തള്ളെ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ ഏഹ് മുതുക്കാമ്പൂയി സുഖമായിട്ട് കിടന്ന് ഉറങ്ങും തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞൊന്നും തടവിയൊന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ രണ്ട് പറഞ്ഞിട്ട് മകനോട് പറഞ്ഞു ഒഴിക്ക് വരൂ ഇല്ലാത്തവർ ഇനി എനിക്കല്ലേ അറിയാവുന്ന എൻ്റെ കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതൊന്നും പോരാന്ന് ആ സൈസ് ഉരുപ്പടികളായി അറിയുന്നത് ഇൻഡസ്ട്രി വൈദ്യനല്ല ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഇൻഡസ്ട്രി ആക്കിയെങ്കിൽ സഹിക്കാം ഡോക്ടർക്കല്ല ഇത് നിങ്ങൾക്ക് റീംബേഴ്സ്മെന്റ് ആരാ ഇൻഡസ്ട്രി ആക്കിയത് വൈദ്യശാസ്ത്രത്തെ ഡോക്ടറാണോ രോഗിയാണോ ഡോക്ടറാണോ ഇതിനെ ഇൻഡസ്ട്രി ആക്കിയത് രോഗിയാണോ രോഗിയുടെ ബന്ധു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഒടിഞ്ഞൊരു കസേരയിൽ ഇരുന്ന് അയ്യായിരം രൂപ ശമ്പളത്തിന് പൊട്ടിക്കിടക്കുന്നൊരു മേശപ്പുറത്ത് പേപ്പറും വെച്ച് മരുന്ന് എഴുതി സ്വന്തമായി തന്നെ ആ നീഡില് സ്റ്റെറിലൈസ് ചെയ്ത് തന്നെത്താൻ ഇഞ്ചക്ഷനും തന്ന് നിങ്ങളെ പിടിച്ചിരുത്തി മരുന്നും കഴിപ്പിച്ച് ഒരു കുപ്പിയിൽ തന്നുവിടാൻ തയ്യാറ് കാണിച്ച ഡോക്ടർമാരെ മാറ്റിമറിച്ചത് വൈദ്യശാസ്ത്രമാണോ നിങ്ങൾ തന്നെയാണോ വട്ടി നിങ്ങൾ തന്നാൽ അടി നിങ്ങൾക്ക് തരാതെ ഞാനിവിടെ വെറുതെ ഇരിക്കുന്നു ചേച്ചു നിങ്ങൾക്ക് ഇരിക്കാൻ അറപ്പ് തോന്നി മാർബിൾ കിടന്നമായിരുന്നു ശരിയല്ല നിങ്ങൾക്ക് എന്നൊക്കെ ക്യൂ നിക്കാൻ പറ്റിയില്ല നിങ്ങളെ സ്പെഷ്യലായി കാണണമായിരുന്നു നിങ്ങൾ രോഗത്തിന് ചികിത്സിക്കാൻ അല്ല ചെന്നത് അംഗീകാരം നേടാനായിരുന്നു രോഗം തന്നെ നിങ്ങളുടെ അംഗീകാരത്തിന്റെയും കച്ചവടത്തിന്റെയും രചതരേഖയായി മാറിയിരുന്നു ഇന്നും നിങ്ങൾ രോഗം ഇഷ്ടപ്പെടുന്നുണ്ടോ രോഗിയായി നിങ്ങൾ ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്ത് നിങ്ങൾ ഇന്ന് തന്നെ ഒരു ആശുപത്രിയിൽ രോഗിയായി എത്തിയാൽ രോഗം മാറാൻ ആത്മാർത്ഥമായി രോഗിയെ ഇഷ്ടപ്പെടുന്നുണ്ടോ ചോദ്യം മനസ്സിലായില്ല ആ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ കാശു മുടക്കുന്നുണ്ടാവും നിങ്ങൾ വണ്ടി പിടിച്ച് പോകുന്നുണ്ടാവും നിങ്ങൾ അവിടെ ചെന്ന് ഒരുപാട് ബഹളം വെക്കുന്നുണ്ടാവും നിങ്ങളിൽ ഒരാൾ രോഗം മാറാൻ ഇഷ്ടപ്പെടുന്നില്ല എന്താ ഇങ്ങനെ കടുതിത്തം ചോദിച്ചാൽ രോഗം തുടങ്ങിയാൽ താമസ് ഓഫീസിൽ പോയാൽ നേരത്തെ പോരാ സിംബി എല്ലാവരുടെയും കിട്ടും രോഗം വന്ന ഹോർണിലുള്ള മക്കള് അയച്ചിരുന്ന കാശുകൊണ്ട് ഇവിടെ കൂടെയുള്ള ഇഷ്ടപ്പെട്ട മക്കൾ കൂടെ പങ്കുവെച്ചു കൊടുക്കാം രോഗം മാറിയാ പിന്നെ ആ കാശു വരിയല്ല കള്ള വകൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു രോഗം വന്നു കഴിക്കരുതാത്ത ഒരു പറഞ്ഞാൽ അത് തന്നെ വേണമെന്ന നിർബന്ധം എല്ലാർക്കും ഇല്ലേ മരുന്ന് കഴിച്ച് രോഗമൊന്നും കുറഞ്ഞു ഡോക്ടർ എടുത്തു കഴിഞ്ഞിട്ട് എന്താ പറയാ അത് കുറഞ്ഞല്ലോ ദേഷ്യപ്പെട്ട ഇങ്ങനെയാ എങ്ങനെയാ ഏത് ആശുപത്രി കേൾക്കാൻ നിങ്ങൾപ്പിക്ക അല്ല ഡോക്ടർ ആ കരുവേന പോലോ പേടിപ്പിച്ചു ഒരാഴ്ചയും കൂടെ മരുന്ന് കഴി ഡോക്ടർ ഇനി അത് പറ്റി അതിന് ഞാൻ കഴിക്കില്ല ഒരല്പം രോഗം കുറഞ്ഞാൽ ആ മരുന്ന് പിന്നെ രോഗി ഒരിക്കലും കഴിക്കില്ല ഉടനെ മരുന്നൊന്നും മാറ്റി എഴുതി പഴയതിനേക്കാൾ കുളവ എന്തൊരു സന്തോഷമാണോ അറിയാതെ മുഴുവൻ പഴുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് രാവിലെ കൂടെ കണ്ട ശരിയല്ലേ മാന്തി പൊളിച്ച് പറിച്ച് നാനാകില്ല ആ ഒരു കൊല്ലായിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നോ ഞാൻ ഒരു പരിവാക്കിയിട്ടുണ്ട് À, ും ആ പൈനാപ്പിളും ഒക്കെ ഇഷ്ടംപോലെ കഴിച്ച് സംഗതി ഒക്കെയാണെന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വല്ല മരുന്നുണ്ടോ ഈ സൈസ് ഉരുപടികളൊക്കെയാണ് ഏത് രോഗിയാണ് രോഗം മാറാൻ നടക്കുന്നത് ഞാൻ പറഞ്ഞ വാദമുഖങ്ങളൊക്കെ തെറ്റാണ് എവിടെയാണ് ഈ രോഗം മാറുകേലെന്ന് എഴുതി വെച്ച ഇന്റർനെറ്റിലെ സാധനം പ്രിന്റ് ഔട്ട് എടുത്തു കൊണ്ടിരുമ്പോ എവിടെയാള്ളത് അതാ വരച്ചിരിക്കുന്ന ചുവന്ന മഷിയുണ്ട് എന്നിട്ട് ആ മകനും മരുമകളും അമ്മായി അമ്മയും അമ്മയും ഒക്കെ കൂടെ ചർച്ച ചെയ്യുന്നത് നീ ഒന്ന് നോക്കി ആ വെബ്സൈറ്റിൽ ഇത് മാറുകയില്ലെന്ന് എവിടെയാണ് കിടക്കുന്നത് വെച്ചാൽ അവർ തപ്പിയെടുത്ത് അങ്ങനെയാ പറയുന്നത് ഏതൊക്കെ ഡോക്ടർമാരെ കണ്ട് മാറുകയില്ലെന്ന് പറഞ്ഞു ആ റിപ്പോർട്ട് മുഴുവനും കയ്യിൽ പിടിച്ചോണ്ട് അടുത്തവൻ്റെ അടുക്ക ചെല്ലുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുന്നത് ഇത് മാറുകയില്ലെന്ന് അവൻ പറഞ്ഞു ആ ജ്യോതിഷി പറഞ്ഞു ഈ മന്ത്രവാദി പറഞ്ഞു ആ ഡോക്ടർ പറഞ്ഞു ആരെങ്കിലും ഒരിക്കൽ നിസ്സാരമാണ് മാറുമെന്ന് പറഞ്ഞാൽ ഒരു പല്ലിടിച്ചു കാണിക്കലുണ്ട് ഒരു കളിയാക്കി ശരിയല്ല രോഗിയും ബന്ധുവും കൂടെ ചികിത്സാരംഗത്തെ കച്ചവടമാക്കിയതാരാ ഡോക്ടർ ശിരോമണികളെല്ലാം കൂടെ സുധാകര പ്രമാണത്തിൽ പറഞ്ഞാൽ രോഗികളും ബന്ധുക്കളുമാണ് വൈദ്യശാസ്ത്രത്തെയും രോഗനിലയെയും വിദ്യാഭ്യാസം വന്നപ്പോൾ ഇത്രയധികം കച്ചവടമാക്കിയത് നിങ്ങളൊക്കെ പോകുന്ന വീട്ടിൽ നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കുട്ടിക്കാലത്ത് മറ്റൊരാൾക്ക് ഈ രോഗത്തിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അരച്ചു കൊടുത്തതും കഷായം വെച്ചു കൊണ്ട് മാറിയത് കണ്ടിട്ടും ആ മാറുമെന്ന് ഉറപ്പുള്ള സാധനങ്ങൾ വിട്ടിട്ടല്ലേ നിങ്ങൾ ഉടുത്തൊരുങ്ങി ക്വാളിസും പിടിച്ച് സൂപ്പർ സ്പെഷ്യാലിറ്റികളിലേക്ക് ഓടിയത് നിങ്ങൾ മാറാനാണോ ഓടിയത് മാറാതിരിക്കാനല്ലേ ഓടിയത് സ്വ അനുഭവങ്ങളെ സ്വന്തം കണ്ണുകളെ സ്വന്തം ജാഗ്രത്തിനെ തനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങളെ പൂർണ്ണമായി നിഷേധിച്ചിട്ടല്ലേ നിങ്ങൾ ഓടിയത് നിങ്ങളുടെ നിശബ്ദതയെ പേടിപ്പിക്കുന്ന ഇതിനൊക്കെ മറുപടി ഞാൻ പ്രതീക്ഷിച്ച നിങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസമുള്ള നിങ്ങളിൽ നിന്ന് തല്ലി പ്രതീക്ഷിച്ചാ കാരണം നിങ്ങൾക്ക് നിശ്ശബ്ദമാകാനേ കഴിയൂ കാരണം ഞാൻ പറഞ്ഞത് സത്യമാണ് ഏറ്റവും രസം കാലുവേദന കൈവേദന പരി തള്ള കഷായക്കല്ലെടുത്തപ്പോൾ തല്ലി പൊട്ടിച്ച് കഷായക്കെല്ലും കളഞ്ഞ് തല്ലിയുടെ തള്ളയുടെ നെഞ്ചത്തിൻ്റെ ചവിട്ടി കൊച്ചിനെ എടുത്ത് ഓടിപ്പോയുള്ള അവിടെ ചെന്ന് കൊച്ചിൻ്റെ കൈയും കാലുമൊക്കെ നീര് വെച്ച് ഒന്നര ലക്ഷം രൂപയും കളഞ്ഞ് ഇനി ഇതിന് വേറെ വഴിയൊന്നുമില്ലെന്നും പറഞ്ഞ് കൊണ്ടിടുമ്പോഴാണ് പിന്നെ പറമ്പിൽ പറിക്കാൻ വല്ല ആദിവാസിയെയോ വല്ല ചുറ്റു നിൽക്കുന്നവനെയോ മരുന്ന് പറിക്കാരനെയോ അന്വേഷിച്ച് പോകുന്നത് ഇതാദ്യം അങ്ങ് തള്ള പറഞ്ഞു തന്നപ്പോ അവൻ കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും ഗതികേട് വരുമായിരുന്നു മുടിഞ്ഞ് മുത്തോലപുരം പിടിക്കുമ്പോഴാ തിരിച്ചുവരവൻ ആലോചിക്കുന്നത് എന്നിട്ട് അത് പഠിച്ചു കൊണ്ട് കൊടുക്കുന്ന പാവപ്പെട്ടവൻ അവൻ കൊടുത്താൽ ഈ പള്ളിക്ക് അഞ്ചു രൂപ പോരും മാറുന്ന സാധനത്തിന് അഞ്ചു രൂപ പോരുന്നത് മാറാത്ത സാധനത്തിന് പന്ത്രണ്ട് ലക്ഷം മുടക്കേറ്റാവുന്നിരിക്കുന്നത് അവിടെ കണക്ക് പറയുന്ന അന്തസാരവിഹീനരായ നിങ്ങൾ എന്തെ മറ്റടത്ത് ഒരു പ്രയോജനവും ഇല്ലാത്തടത്ത് കണക്ക് പറയാത്തത് പണ്ട് കാലത്തും ഒക്കെ ഇതൊക്കെ ആക്സിഡന്റൊക്കെ പറ്റിയിട്ടുണ്ട് മറ്റത്തു നിന്നൊക്കെ വീഴുന്നത് പണ്ട് കാലത്ത് വീഴുന്ന പോലെ ഇന്ന് വണ്ടി ആക്സിഡന്റ് ഒന്നും അത്രയും തീഷ്ണമല്ല പണ്ട് കാലത്ത് കയ്യാലെന്ന് വീഴുന്ന പോലെ അരച്ചിട്ട് പിടിച്ചിട്ടൊക്കെ കർമ്മന്മാരിൽ അങ്ങ് രക്ഷിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടം കട്ടിയായിട്ട് യോജിപ്പിക്കുമ്പോൾ ഒന്ന് ഇങ്ങോട്ടും കയറി ഒന്ന് ഇങ്ങോട്ടും കയറി അവസാനം മടക്കാൻ ആ പഴയ കാരണവന്മാരെ നോക്കുക മുപ്പത്തിരണ്ട് ഒടിയുള്ളവൻ ഇപ്പോഴും സുഖമായിട്ട് നടക്കുന്നുണ്ടാവും മറ്റവൻ ഇപ്പോഴും നടക്കാൻ മേലാതെ കിടപ്പുണ്ടാവും വണ്ടിയാ ജീവനുണ്ടാവും അവനും കൂടുതൽ പറയണ്ട അതുകൊണ്ട് വളരെ സങ്കീർണ്ണമായ ഒരു തദ്ധയാണ് ചികിത്സാശാസ്ത്രം അവസാനം പണം മുഴുവൻ തീർന്നാൽ സാന്ത്വന ചികിത്സയ്ക്ക് വിടുകയും അവിടെ സാമൂഹ്യ സംഘടനകളും മനുഷ്യത്വമുള്ളവരും പ്രയത്നിച്ചു പഠിച്ചവരും പണക്കുതിയന്മാരല്ലാത്തവരും എല്ലാം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതോടുകൂടി ചികിത്സാ കാലത്തെ കഷ്ടപ്പാടുകളിൽ നിന്ന് ബന്ധുക്കൾ മുക്തമാവും അതാ ഇന്ന് ക്യാൻസർ ചികിത്സ അവിടെയാണ് ഇതിന്റെ കെണി മുഴലിരിക്കുന്നത് ഒരു പന്ത്രണ്ട് കൊല്ലം ഒരു പത്ത് കൊല്ലം ഒരു അഞ്ചു കൊല്ലം ഒരു രണ്ടു കൊല്ലം ഒരു ആറു മാസം ഒക്കെ കൊണ്ട് അതവസ്ഥക്കനുസരിച്ച് ചികിത്സയായ ചികിത്സകളെല്ലാം ചെയ്ത് എല്ലാം പരാജയപ്പെട്ട് അവസാനം സഹിക്കാൻ വയ്യാത്ത വേദനയും എത്തിക്കഴിഞ്ഞ് ചികിത്സയെ വൈദ്യശാസ്ത്രത്തിന്റെ കയ്യിൽ നിന്ന് സ്വാന്ദ്വന ചികിത്സയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഏറ്റവും ഒടുങ്ങിൽ ഇതിൽ മടുത്ത് കിടക്കുന്നതൻ്റെ ബന്ധു ഇനി വേദനയില്ലാതെ ഒന്ന് മരിച്ചാ മതി എന്ന് രോഗിയും ബന്ധുവും ഏതാണ്ട് തീരുമാനിക്കുന്നിടത്തെത്തുമ്പോൾ ഒരു മേഴ്സിക്ക് ഇല്ലെങ്കിലും ഡോക്ടർക്ക് ചെയ്യാൻ അധികാരം കിട്ടിയിരുന്നു എങ്കിൽ എന്ന് ബന്ധുക്കൾ കൂട്ടായി ആലോചിക്കുമ്പോൾ സാമൂഹ്യ സംഘടനകൾ നടത്തുന്ന അധികം പണച്ചെലവില്ലാത്ത സാന്ത്വന ചികിത്സാലയങ്ങളിലെ പോറലിൽ കറങ്ങി പണം തിരിച്ചും സന്മനസ്സുള്ളവരിൽ നിന്ന് പണം സമാഹരിച്ചു നല്ലപോലെ പഠിക്കുന്ന കാലത്ത് നല്ലപോലെ പരീക്ഷ എഴുതി നല്ല കോമ്പറ്റേറ്റീവായി പഠിച്ചു വന്നവൻ പണക്കൊതിയൻ അല്ലാത്തവൻ അതിന് നേതൃത്വം നൽകി ശരിയല്ല ശമ്പളമില്ലാതെ സേവനമായി ചെയ്യാൻ തയ്യാറുള്ള അവനും ആ സേവകരും എല്ലാം ചേർന്ന് നടത്തുന്ന പ്രസ്ഥാനത്തിനകത്തേക്ക് രോഗിയെ മാറ്റുന്നതോടുകൂടി അവിടെ കിട്ടുന്ന പരിചരണങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വലിപ്പമാണെന്നും അച്ഛൻ ശാന്തമായി അവിടെ കിടന്നു മരിച്ചു ആ കാരുണ്യം കൊണ്ട് എന്ന ഓർമ്മയിൽ വീണ്ടും വൈദ്യശാസ്ത്രത്തെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആധുനികതയുടെ വിഷലിത്ത ലോകങ്ങളാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് പറഞ്ഞതിൽ നുണയുണ്ടോ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി അവിടെ ചെല്ലുമ്പോഴാണ് ഒരുമാതിരി ആശ്വാസം എന്നിട്ടിങ്ങനെ ദിവസങ്ങൾ എണ് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മോർച്ചിനൊക്കെ കൊടുത്ത് കിടത്തുമ്പോ എപ്പോഴാ ഇതൊന്ന് തീർന്നിട്ട് പണിക്ക് പോകാൻ പറ്റുന്നത് മക്കളിൽ ചെല്ലി ചോദിക്കുകയും മകൻ വന്നിട്ടുണ്ട് മകള് വന്നിട്ടുണ്ട് മകളുടെ ഭർത്താവ് വന്നിട്ടുണ്ട് മകന്റെ ഭാര്യ വന്നിട്ടുണ്ട് എല്ലാവരും അപ്പുറത്ത് റിട്ടയറിങ് റൂമിൽ എ സി റൂമിൽ പിള്ളേരും ഒക്കെ ആയിട്ടിരിക്കുകയാണ് അമ്മയ്ക്ക് അമ്മ തീരാറായി എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞതനുസരിച്ച് ടെലഗ്രാം അടിച്ചു വന്നതാണ് ഡൽഹിന്ന് എല്ലാം കൂടെ അപ്പുറത്തെ മുറിയിലാ ഉറങ്ങുന്നതും ഒക്കെ അതിനിടയിൽ മരുമകള് മകളോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് ഇത് കുറേ ദിവസം കിടക്കുമെന്ന് തോന്നുന്നല്ലോ സ്കൂൾ അടുത്ത ആഴ്ച തുറക്കും എന്റെ കാര്യമാണ് കഷ്ടം ശമ്പളത്തിന്റെ മുപ്പത് ഇരട്ടിയാണ് ഭർത്താവിന് കൈക്കൂലി കിട്ടുന്നത് എവിടുന്നു മാറിയ ദിവസം എല്ലാം അസിസ്റ്റന്റ് മുഴുവൻ അടിച്ചു മാറ്റും അതിന് കോണ്ട്രാക്ടറോടൊക്കെ ഒരു പത്ത് ദിവസത്തെ അവധി പറഞ്ഞിട്ടാ പോന്നിരിക്കുന്ന ബില്ലൊക്കെ ശരിപ്പെടുത്തി കൊടുക്കാവും അതെല്ലാം മാറ്റി വച്ചിട്ട് പോന്നിരിക്കുന്ന ഇതിപ്പോ പത്ത് ദിവസവും കഴിയുമെന്ന് തോന്നലോ ദിവസം അഞ്ചായല്ലോ എങ്ങനെയാണ് അമ്മയല്ല ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത് എനിക്കാണ് നിനക്ക് കഷ്ടവായ ഗതി പക്ഷെ ഞാൻ ചെന്ന് എങ്ങനെ ഡോക്ടറോട് ചോദിക്കും അല്ല ഞാൻ തന്നെ ചോദിക്കണം അല്ല നീ ചോദിക്കേണ്ട അതിലൊന്നല്ല ഞാൻ തന്നെ ചോദിക്കാം രണ്ടുപേരോട് ആലോചിച്ച് ഡോക്ടറോട് ചോദിക്കാം എത്ര ദിവസം കാണും ഈ ഗതിയെ ഈ പൊങ്ങച്ച സഞ്ചികളിലെല്ലാം ഡൽഹിയിൽ നിന്ന് ബോംബയിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ഒക്കെ വലിയ മക്കൾ വന്നതിൻ്റെ ആരവും ആഘോഷവും നടത്തുമ്പോൾ തെറ്റു വളർത്തിയത് ഒരു ചുമറ്റു ഒരു മീൻപിടുത്തക്കാരനെയോ അതുമല്ലെങ്കിൽ ഒരു കൊല്ലപ്പണി ചെയ്യുന്നവനെയോ ഒരു ബ്ലാക്സിനെയോ അതും അല്ലെങ്കിൽ പറമ്പ് കിളയ്ക്കുന്നവനെയോ അല്ലെങ്കിൽ ഓട നന്നാക്കുന്നവനെയോ കക്കൂസ് വൃത്തിയാക്കുന്നവനെയോ ആയാൽ പോലും അവൻ്റെ മനസ്സാരോഗ്യമുള്ളതും തന്തയോടും തലയോടും ബഹുമാനമുള്ളതും അരമണിക്കൂർ അവിടെ ചെലവഴിക്കാൻ കഴിയുന്നതും ആദ്യമായിരുന്നു നിങ്ങൾ പഠിപ്പിച്ചതും വളർത്തിയതും ഇംഗ്ലീഷിൽ പറയാൻ പഠിപ്പിച്ചതുമൊക്കെ മനുഷ്യത്വമില്ലാത്ത ഹീനന്മാരെ മാത്രമാണെന്ന് തിരിച്ചറിയുന്നത് ഏതാണ്ട് എ റൂമുകൾ ഉള്ള റിട്ടയറിംഗ് റൂമുകളിലെ അന്ധക്ഷോഭങ്ങളിൽ കിടന്ന് മുറുമുറുക്കുന്ന മക്കളെ കാണുമ്പോഴാണ് സാമാന്യായം തോന്നുന്നു ഒരു ഡോക്ടറെ എഴുതിയിട്ടുണ്ട് കുട്ടിക്കാലത്ത് ശ്രവണകുമാരൻ തന്റെ അന്തരായ മാതാപിതാക്കളെ കാവടിയിലെടുത്ത് ചുമന്നുകൊണ്ട് നടന്ന ആഹാരം കൊടുത്തതൊക്കെ പഠിച്ച ഗാന്ധിയുടെ നാട്ടിൽ അങ്ങനൊരു പാഠമുണ്ടായിരുന്നു തോന്നുന്നു നിങ്ങളൊക്കെ പഠിച്ചു കാണും പ്രായമായവർ പഠിച്ചു കാണും മര ബസ്ബൻ പോർബത്തരുമായിട്ട പാഠശാലത്തെ കുറിച്ച് ശ്രവണനെ മാതാപിതാക്കോ കാർ തീർഥയാത്ര എന്നൊക്കെ പഠിച്ചൊരു ഗാന്ധി ശരിയല്ല പണ്ടിങ്ങനെ വിവരമുള്ളതൊക്കെ പഠിപ്പിച്ചിരുന്നു നന്നായ ഇപ്പൊ അച്ഛന്റെ പുറത്ത് ഇട്ടടി ഉണ്ടെന്നല്ലേ അതൊക്കെ പൂർണമായി നിർത്തേണ്ടതാണ് മാത്രങ്ങൾ അതിന് കാര്യമില്ല ഒരുപാടൊന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോ ഇൻഷുറൻസും കൂടെ വരാൻ പോവാ ഇനി വല്ലവന്റെയും കാച്ചിലാണ് രോഗി ചികിത്സിക്കുന്നത് വല്ലവന്റെയും കാച്ച് മേടിക്കാനാ ഡോക്ടർ ചികിത്സിക്കുന്നത് ഇനിയാണ് അരങ്ങ് തകർക്കാൻ പോകുന്നത് അടച്ച ഇൻഷുറൻസ് ലാഭകരമാകാൻ ഡോക്ടർക്ക് വരെ കൈക്കൂലി കൊടുത്തിട്ട് പറയും വേഗം ഒന്ന് തീർക്കാൻ ഇൻഷുറൻസുകാരനെ കുത്തുവാള എടുപ്പിക്കാൻ രോഗി പറയും പത്തെണ്ണവും കൂടെ എഴുതിക്കോള ആവശ്യമൊന്നുമില്ല പത്തെണ്ണവും കൂടെ എഴുതിക്കോ രണ്ടെണ്ണം എന്റെ കൊച്ചുകൂടെ കഴിച്ചോളൂ ഇന്ത്യ ആയത് കള്ള ബില്ലാണ് നിങ്ങൾ ഉദ്യോഗസ്ഥന്മാര് റീഎംബേഴ്സ്മെന്റിന് എഴുതി മരുന്നും മേടിക്കാതെ റീഎംബേഴ്സ്മെന്റ് കടകളിൽ ഒന്ന് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി തീർക്കുന്നത് മറ്റുള്ളവർ മേടിച്ച മരുന്നിന്റെ ബില്ലിലൂടെ എന്റെ പേരെഴുതി എല്ലാ രാജ്യം ക്യാൻസറിനും തലവേദനയ്ക്കും വയറ്റുവേദനയ്ക്കും ഒക്കെ നല്ല ആരോഗ്യമുള്ളപ്പോ വല്ലവനും മേടിച്ച മരുന്നിന്റെ ബില്ല് തൻ്റെ പേരിലാക്കി കൊണ്ടു കൊടുത്ത് റീഎംബേഴ്സ്മെന്റ് മേടിച്ച് കമ്പനിയിൽ നിന്ന് പിരിഞ്ഞ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് പിരിഞ്ഞ് കഴിഞ്ഞ് അന്ന് മേടിച്ച മരുന്നിനുള്ള തലവേദന ഇന്ന് വരുമ്പോ അവൻ കാശ് ഇങ്ങോട്ട് തന്നുള്ളൂ അവൻ എടുത്തതാണ് ഇപ്പം മുഴുവൻ കാശിനും മരുന്ന് മേടിച്ച് പലിശ തീർക്കുന്ന ഒരു കാലഘട്ടം നുണയുണ്ടോ പറഞ്ഞതല്ലേ ബന്ധുക്കൾക്ക് വീണ്ടും സ്വാന്ത്വന രംഗത്തേക്കെത്തിയ തങ്ങളുടെ ബന്ധുവിന്റെ സാന്നിധ്യത്തിൽ അനുഭവിച്ച ദുഃഖങ്ങളും വേദനയുടെ സാന്നിധ്യത്തിൽ ഉണ്ടായ രാത്രികളും ആഹാരത്തിന് രുചിയില്ലായ്മയും എല്ലാം നടുക്കത്തോടെ ഓർമ്മിക്കുകയും ഇപ്പോൾ ആശ്വാസമേകിയത് വൈദ്യശാസ്ത്രം തന്നെയെന്ന് ഉറയ്ക്കുകയും ചെയ്യുന്നു ഈ പുരോഗതിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയും ഇതിന്റെ ആദർശം ഉൾക്കൊള്ളുന്നതായി മുമ്പ് തങ്ങളുടെ ധനം മുഴുവൻ ചെലവഴിച്ച കച്ചവട സംഘങ്ങളെ കാണുകയും ചെയ്യുന്നു സൈദ്ധാന്തിക വിദ്യാഭ്യാസത്തിന്റെ ഗ്രന്ഥ സമുച്ചയങ്ങളിൽ കാണുന്ന പരസ്പര വിരുദ്ധങ്ങളായ അറിവുകളേക്കാൾ എത്രയോ മടങ്ങ് അനുഭവ പ്രധാനമായ പ്രായോഗിക വിജ്ഞാനമാണ് പല രോഗികൾക്കും ഉള്ളത് രോഗിക്കിപ്പോ സ്കാനർ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് നോക്കാനറിയാം ഇന്നടത്താണെന്ന് ചൂണ്ടിക്കാണിക്കാനറിയ പക്ഷെ പലപ്പോഴും ഡോക്ടർമാർ പോലും മടക്കേങ്ങൾക്കുള്ളു ശരിയല്ല ശരിയല്ല ഒരു ഡിപ്പാർട്ട്മെന്റ് എടുത്ത സ്കാനി മറ്റേ ഡിപ്പാർട്ട്മെന്റ് ചെല്ലുമ്പോ പോരാ എന്ന് പറഞ്ഞ് ശരിയാണോ ശരിയാണോ അല്ല ഒരാശുപത്രിയിൽ നിന്നെടുത്ത കെട്ടുകണക്കിന് റിപ്പോർട്ടുകളും കൊണ്ട് അടുത്ത ആശുപത്രിയിൽ ചെന്നാൽ അതെല്ലാം ഒന്നുകൂടെ എടുക്കാൻ പറയും ശരിയല്ല ഈ എടുത്തതെന്നാൽ ശ്രദ്ധയോടുകൂടി ഒന്ന് നോക്കുവോ അതില്ലതാണ് ഇതിനെല്ലാം കൊടുക്കാൻ പോകുന്ന നിങ്ങൾ മറിച്ച് രോഗിക്കറിയേക്കും എവിടെയാണ് കുഴപ്പം ോഹി തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു ഇത്രയും പണക്കൊഴുപ്പും യന്ത്ര സംവിധാനങ്ങളും പടുകൂറ്റൻ മന്ദിരങ്ങളും അന്തർദേശീയ വ്യവസായ സംരംഭങ്ങളും ഭരണപരിചയമില്ലാതെ സ്ഥാപിത താല്പര്യങ്ങൾ നിറഞ്ഞ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വവും മതിമറന്ന ജനാധിപത്യ ഭരണകൂടങ്ങളുടെ അവ്യവസ്ഥയും കൊണ്ട് അർബുദ ഗവേഷണ ആകെ രസാവഹമായിരിക്കുന്ന ഒരു കാലഘട്ടമായി മറിച്ച് വിവരമുണ്ടെങ്കിൽ സ്വന്തം പ്രേക്ഷയ്ക്ക് തന്നിലേക്ക് തിരിയേണ്ട സമയമായി തന്റെ അർബുദ കോശവും തൻ്റെ ശരിയായ കോശവും തമ്മിൽ വ്യത്യാസമില്ലെന്നും രണ്ടും തന്റെ തന്നെ കോശമാണെന്നും രണ്ടിനെയും പരിപാലിച്ചുകൊണ്ട് താൻ തൻ്റെ ജീവിതത്തെ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഒരു രോഗി തീരുമാനിക്കാൻ തുടങ്ങുന്നിടത്ത് ഈ കച്ചവടത്തിന്റെ വേരറ്റ് പോകും വളരെ സിമ്പിളാ വിളി മതിമോനെ ഉണ്ടാക്കിയ പൈസ ഒന്നും ഞാൻ പോരുന്നില്ല എന്നെ കൊണ്ടുപോയി പരിശോധിക്കുന്നതും എനിക്ക് പേട നീൻ എന്ന് പരിശോധിക്കുന്നതും ഒരുപോലെ ആയിരിക്കുന്ന വൈദ്യശാസ്ത്രം ഗർഭിണിയായ ഭാര്യ യൂറിൻ ഭാര്യയുടെ കൊടുത്തില്ല ഭർത്താവിന്റെ കൊടുത്താലും റിസൾട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കിട്ടുന്ന കാലമാണ് ഈ കച്ചവടത്തിൽ എന്ത് ഭേദം ജീവിതത്തിൽ ആഗ്രഹമുള്ളത് ചേ ട്യൂമറാണ് അതും കൂടുമ്പോഴ് കിട്ടിയാൽ ഞാൻ പറയുമ്പോൾ ചിരിക്കാൻ വേണ്ടിയായിരുന്നു എന്റെ ചോദിച്ചത് അതിലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതില് അമേരിക്കൻ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിന് അർബുദത്തെ കീഴടക്കണമെന്ന് തീരുമാനിക്കുന്നുണ്ടായി തീരുമാനമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർണായക തീരുമാനമായിരുന്നു വായിച്ചു നോക്കാം ആയിരത്തി അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് ക്യാൻസറിന് നിശ്ചയമായും കീഴടക്കണം അത് തീരുമാനിക്കുന്നുണ്ടായി അന്ന് അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഒരു പബ്ലിക് റിലേഷൻസ് ക്യാമ്പയിൻ തന്നെ തുടങ്ങി ക്യാൻസർ ഇല്ലാതാക്കാൻ വേണ്ടി അതിൻ്റെ ചുവട് പിടിച്ച് ഒരുപാട് ക്യാമ്പയിൻ ഇന്ത്യയിൽ നടത്തുകയുണ്ടായി ഓർമ്മയുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അന്ന് ഇന്ത്യയിൽ ക്യാൻസർ തുടങ്ങിയിട്ടില്ല അന്ന് അമേരിക്കയിൽ ക്യാൻസർ ഫുള്ളാണ് അമേരിക്കയിൽ നിങ്ങളുടെ ഭക്ഷണം അമേരിക്കയിൽ നിങ്ങളുടെ അറിവ് അമേരിക്കയിൽ നിന്നാണ് നിങ്ങളുടെ വളർച്ച അമേരിക്കയിൽ നിന്ന് തന്നെയാണ് നിങ്ങളുടെ രോഗങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അമേരിക്കയിൽ ക്യാൻസർ വിധം വളരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു ക്യാമ്പയിൻ നടത്തുവാൻ തീരുമാനിക്കുകയും എഴുപത്തിയാറിൽ ക്യാൻസറിനെ പിടിച്ചു കെട്ടണമെന്ന് നിശ്ചയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ക്യാൻസറിന്റെ പിടിയിൽ പെട്ടിട്ടില്ല ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഓർമ്മയുണ്ടോ പെണ്ണിന്റെ ബ്രസ്റ്റിൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നതും മൊഴ കണ്ടുപിടിക്കുന്നതും പെണ്ണ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് അമ്മയോ അച്ഛനോ ഭർത്താവോ സഹോദരിയോ ആരെങ്കിലും തൊട്ടു നോക്കി അവരുമുണ്ടെന്ന് അറിഞ്ഞ് കഴിഞ്ഞിട്ടാ ഡോക്ടർ തൊടുന്നത് അപ്പൊ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊഴയും മറ്റും കണ്ടുപിടിക്കുന്നത് ആദ്യം ഡോക്ടറല്ല സംവിധാനം ഡോക്ടറെടുക്ക ചെന്നിട്ട് മാത്രമല്ല അന്നത്തെ വെല്ലുമ്മമാര് മാറുമറയ്ക്കാതെ മുറ്റത്തൂടെ പത്ത് പന്ത്രണ്ട് എണ്ണം ശരിക്കും ജാഥാ പോലെ നടന്നിരുന്ന ആ വീടുകളെല്ലാം അതൊക്കെ തോർത്ത് മാത്രമേ ഉടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ബ്രസ്റ്റിലൊന്നും ഒരു മൊഴയും ഒരു ചീഞ്ഞുനാറ്റവും ഒരു വ്രണവും ഒരു മുറിച്ചുകളും ഉണ്ടായിരുന്നില്ല അപ്പൊ അറുപത്തൊമ്പത് എഴുപതുകൾ കേരളത്തിൽ ക്യാൻസർ ഇത്രയേറെ കണ്ടെത്തിയിരുന്നില്ല വല്ലിടത്തും ഒരു മൂലയിൽ ഒന്നോ രണ്ടോ ക്യാൻസറോ ഒന്നോ രണ്ടോ ലുഖിമിയോ കണ്ടെങ്കിലായി ശരിയല്ല ഇന്നതല്ല ഗതി അമേരിക്കയിൽ ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാമും ക്യാൻസർ ക്യാമ്പയിനും അറുപത്തി ഒമ്പതിലാണ് തുടങ്ങുന്നത് എഴുപത്തിനാലിൽ പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞു പ്രസിഡന്റിന്റെ ഓർഡർ അന്ന് ക്യാൻസർ ക്യാമ്പിൽ വളരെ ഗംഭീരമായി റിച്ചാർഡ് നിക്സൺ നടത്തിയിരുന്ന ഒരു പ്രഭാഷണവും സന്ദേശവും ഒക്കെ ഉണ്ട് അന്നൊരു പ്രാർത്ഥന തന്നെയുണ്ട് ഡിയർ ഗോൾ പ്ലീസ് നോട്ട്സർ സ്റ്റിൽ മോർ ദാൻ ത്രീ ലാക്സ് അമേരിക്കൻ ലാസ്റ്റ് ആ പ്രാർത്ഥന നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും printed ana yan undakiyadalla more than still more than 3 lakhs 18000 americans died of cancer last year this year mr president you have in your power to begin to end this course enna irunno prarthana nixon pandirtha oru meeting il new york times december 9 എന്നിട്ട് നിങ്ങളുടെ ബുദ്ധിജീവികളെ ഇനിയും പ്രശംസിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഒമ്പതാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സണെ മുൻനിർത്തി ദൈവത്തോട് അമേരിക്കക്കാരൻ പ്രാർത്ഥിച്ചതും അമേരിക്കൻ പ്രസിഡന്റിന് ഈ കേഴ്സിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കാൻ കഴിയുമെന്ന് പറഞ്ഞതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലാകുമ്പോഴേക്ക് അമേരിക്കയിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടാകരുതെന്ന് നിക്സൺ ഉത്തരവിട്ടതും അന്നാണ് ഇത് നമുക്ക് ന്യൂയോർക്ക് ടൈംസിൽ വായിക്കാം ഇന്ന് അമേരിക്കയും വലിയ ദൂരമില്ല ന്യൂയോർക്ക് ടൈംസിന്റെ ഡിസംബർ നയനിലെ ലക്കത്തില് വെബ്സൈറ്റ് കയറി എടു കണ്ടില്ലെങ്കിൽ പറയുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ നാഷണൽ ക്യാൻസർ ആക്ട് ഒപ്പിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ ക്യാൻസറിന്റെ പിടിയിൽ വീണ് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്ക ഇന്നത്തെ നിലയിൽ ഉണ്ടായത് മനസ്സിലായില്ല ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിലാണ് അമേരിക്കൻ വിപ്ലവം ഓർമ്മയുണ്ടോന്നറിയില്ല സെവൻറ്റീൻ സെവന്റി ഫോർ അങ്കിൾ ടോംസ് ക്യാബിന്റെ പ്രസിദ്ധീകരണം കഴിഞ്ഞ് ഒരു പുസ്തകം ഓർക്കുന്നില്ല തൊമ്മിയമ്മാവന്റെ മുദ്രാലയം അങ്കിൾ ടോംസ് ക്യാബിൽ ആ പുസ്തകമാണ് അമേരിക്കൻ വിപ്ലവത്തിൽ വിത്ത് പാകിയത്യറ്റ് ബീച്ചർ ഓർക്കുന്നില്ല ഈ ഗ്രന്ഥം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ അമേരിക്കൻ വിപ്ലവത്തിൽ വിത്ത് പാകിയെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറിലാണ് അമേരിക്ക ഉണ്ടായത് യു ആ അമേരിക്കൻ വിപ്ലവവും ഗോളാന്തര ചൈത്രയാത്രകളും സപ്തസാഗരങ്ങളെ ഉഴുതുമടിക്കലും അണുവിഘടന ശ്രമങ്ങളും എന്ന പോലെ അമേരിക്ക തങ്ങളുടെ ഇരുന്നൂറാം ജന്മദിനത്തിൽ അല്ലെ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അമേരിക്ക തങ്ങളുടെ ഇരുന്നൂറാം ജന്മദിനത്തിൽ അത്ഭുത കോശമുക്തി നേടുമെന്ന് ലോകം തന്നെ സ്വപ്നം കണ്ടു ആ സ്വപ്നമല്ലാതെ മറ്റൊന്നും സംഭവിച്ചില്ല അമേരിക്കയിൽ മാത്രമല്ല ഇംഗ്ലണ്ടും ഫ്രാൻസും സ്വിറ്റ്സർലൻഡും ജർമ്മനിയും എല്ലാം നടത്തിയ ശ്രമങ്ങളും വിഫലമായി അന്നവിടെ അരങ്ങു തകർത്താടിയ കച്ചവട സംഘങ്ങളും അവിടെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഉപകരണങ്ങളും എല്ലാം ഇന്ന് മൂന്നാം ലോകരാഷ്ട്രങ്ങളിൽ എത്തിക്കഴിഞ്ഞു അവിടുത്തെ വൈദ്യവിചാരതന്മാരുടെ അതേ പാതയിൽ നമ്മുടെ വിഷ